അഷ്ടമ ലക്ഷണം എന്താണ് വ്യവഹാര വിഷയത്വസതി ജ്ഞാനാഭിഷയത്വം ജ്ഞാനത്തിന്റെ വിഷയത്വം വരാൻ പാടില്ല എന്നാൽ വ്യവഹാര വിഷയത്വം മരണം സ്വയം പ്രകാശം ആത്മാ ഇവിടെ ജ്ഞാനത്തിന്റെ വിഷയത്തും വരുന്നില്ല ജ്ഞാന വിഷയമാകുമ്പോഴല്ലേ സ്വയംപ്രകാശമല്ലാതാവും പക്ഷെ വ്യവഹാര വിഷയത്തും വരുന്നു വ്യവഹാരമെന്ന് പറഞ്ഞുകൊണ്ട് ശബ്ദപ്രയോഗത്തെടുക്കാം വ്യവഹാര വിഷയത്വം വരുന്നു പക്ഷെ പറയുന്നു അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലും ഒന്ന് ആദ്യ പ്രാചീന ദോഷാനുഷംഗം പ്രാചീന ദോഷം എന്താണ് കാരണം വ്യവഹാര വിഷയത്വം ത്വം വന്നു കഴിഞ്ഞാൽ പോയി ആത്മാവിൽ ത്വം വരാൻ പാടില്ല പിന്നെ വരുന്നത് എന്താണ് ശുപ്തിരജതാദി സംസർഗെ അഖ്യാതിവാദിനാം അതിവ്യാപ്തി ഖ്യാതി എന്ന് വെച്ചാൽ ഇവിടെ ഭ്രമം അല്ലെങ്കിൽ ഭ്രാന്തി എല്ലായിടത്തും അർത്ഥമല്ല അഖ്യാതി ഭ്രാന്തി ഇല്ല അവിദ്യമാനഖ്യാതി ഖ്യാതി ഇല്ല എന്ന് പറയുന്ന പാർട്ടിയാണ് ഗുരുവിന്റെ പാർട്ടിക്കാർ അതെന്തുകൊണ്ടാണ് പിന്നെ എങ്ങനെയാണ് അവർ ഇതം രചതം പീതശംഖ തുടങ്ങിയ സ്ഥലങ്ങളെ അവരെന്താ പറയുന്നത് ഇതം രജതം എന്ന് പറയുന്നിടത്ത് രജതസ്മൃതിയും ഇതം പ്രത്യക്ഷവും അപ്പൊ അവിടെ രണ്ട് ജ്ഞാനമാണ് ഇതം എന്ന് പറയുന്ന പ്രത്യക്ഷവും ചിതം എന്ന് പറയുന്ന സ്മൃതി അവിടെ ഭ്രാന്തിയെ സ്വീകരിക്കുന്നല്ലോ പക്ഷേ അവർ അഭേദ വ്യവഹാരത്തെ സ്വീകരിക്കുന്നുണ്ട് അഭേദ വ്യവഹാരത്തെ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതം ഞാനോന്ന് അറിയുന്നുണ്ടല്ലോ അറിവ് എങ്ങനെയാണ് ഇതം രജതം സോറി ബ്രഹ്മസ്ഥലത്ത് ഗുരുവിനെ സംബന്ധിച്ചല്ല ബാക്കിയുള്ളവരെ സംബന്ധിച്ച് ബ്രഹ്മം ബ്രഹ്മം എന്ന് പറഞ്ഞാൽ മനസ്സിലായിക്കൊണ്ടത് ഗുരുവിനെ സംബന്ധിച്ചല്ല മറ്റുള്ളവരെ സംബന്ധിച്ച് അങ്ങനെയുള്ള ബ്രഹ്മസ്ഥലത്ത് ഇതം രജതം എന്ന് പറയുന്ന അനുഭവത്തെ ആർക്കിങ്ങനെ നിഷേധിക്കാൻ പറ്റൂ ഈ അനുഭവത്തെയാണ് അവർ പറയുന്ന അഭേദ ില്ല പക്ഷെ അഭേദ വ്യവഹാരത്തെ അംഗീകരിക്കുന്നു ഇതം രജതം ഏത് ഭക്തിയാണ് ഇതം രജതം ഭവതി ഏത് ഭക്തിയാണോ ഇതം ഏത് വിഭക്തിയാണോ രജതം ആണോ അപ്പൊ ഇവിടെ സമാനഭക്തി ഉള്ളതുകൊണ്ട് ഇതിനെ സമാനാധികാരം വ്യപദേശം എന്ന് പറയും വ്യപദേശം എന്ന് പറഞ്ഞാൽ ശബ്ദപ്രയോഗം ഇതരജതം എന്ന് പറയുന്നിടത്ത് അഭേദ വ്യവഹാരമുണ്ട് സമാനാധികരണ്യ വ്യവദേശിച്ചുകൊണ്ട് പക്ഷെ എന്തില്ല ഭ്രാന്തിയില്ല ഇതം രചിതം എന്ന് പറയുന്നത് സമാനഭക്തി എന്നുള്ളത് ആർക്കും അറിയാം ഇതം രചതം എന്ന് അറിയുന്നു എന്നുള്ള കാര്യം ആർക്കും നിഷേധിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് പറയുന്നത് യുദ്ധം രജതം എന്ന് പറയുന്ന സ്ഥലത്ത് വ്യവഹാരവും പിന്നെന്താ സമാനാ സമാനാധികം എന്നാലും ഭ്രാന്തി ഇല്ലേദ്യവഹാരം യുദ്ധവും രജതവും ഒരുമിച്ചറിയുന്നു രണ്ടായിട്ടറിയില്ല വിവേകാനില്ല അവിടെ ഉണ്ടാ ഇത് വേറെ അങ്ങനെ വിവേകജ്ഞാനം ഉണ്ടോ അതാണ് അഭേദ വ്യവഹാരവും പറയുന്നത് അവിവേകജ്ഞാനൊന്നും പറയാം വിവേകമില്ലാത്ത ജ്ഞാനം രണ്ടിനു ഒന്നായി അറിയുന്നു എന്ന് അതിനാണ് അവർ പറയുന്നത് അഭേദ വ്യവഹാരവും സമാനാധികം സമാനാധികവും അത് ഇതം രചതം എന്ന് പറയുന്നിടത്ത് സ്വീകരിക്കുന്നു പക്ഷെ ഭ്രാന്തി ഇല്ല ഭ്രാന്തി ഇല്ലാതെ എങ്ങനെ അഭേദ വ്യവഹാരം വന്നു എന്നുള്ളതാണ് ഭ്രാന്തി അംഗീകരിക്കുന്നവരെന്താ പറയുന്നത് ഇതം രജതം അഭേദമായി അറിയുന്നു എന്ന് പറഞ്ഞാൽ ഇതം രജതമല്ല പക്ഷെ ഇതത്തെ രചതമായി അറിയുന്നു അഭേദ വ്യവഹാരം അതുകൊണ്ടത് ഭ്രാന്തി ആണെന്നാണ് ഭ്രാന്തി സ്വീകരിക്കുന്നവർ പറയുന്നത് എന്താണ് ഇതം രജതം എന്ന് പറയുന്നിടത്ത് ഇതത്തിന് രജതമായി അറിയുന്നുകൊണ്ട് അഭേദ വ്യവഹാരമുണ്ട് അതുകൊണ്ട് തന്നെ അത് ഭ്രാന്തിയാണ് രണ്ടിനെ രണ്ടായി അറിയുന്നുണ്ടോ ഇതം വേറെ രജതം വേറെ അങ്ങനെ അറിയുന്നുണ്ടല്ലോ അപ്പൊ അഭേദമായി അറിയുന്നത് കൊണ്ട് ഭ്രാന്തി ഉണ്ടെന്ന് പറയുന്നിടത്ത് ഗുരുവും പറയുന്ന എന്താണ് റിയുന്നു പക്ഷെ അതെന്തുകൊണ്ടാണ് ഇത് വേറെ ഉദാഹരണം പറഞ്ഞു പീതശങ്കീത ശംഖെന്ന് പറയുന്നു മഞ്ഞപ്പീത്തം പിടിച്ചവനാണ് പറയുന്നത് പീതശങ്ക പീതം എന്തോ അത് തന്നെ ശംഖം എന്നാ പറയുന്നു എന്നാൽ ശംഖ് മഞ്ഞ നിറം ഉള്ളതെന്നാണ് അപ്പൊ ഗുരു പറയുന്നത് ഇവിടെ ഇവിടെയാ ഭ്രമം ഇവിടെ ഭ്രമമില്ല പീതശങ്ക എന്ന് പറഞ്ഞാൽ അവിടെ ഭ്രമം ഇല്ല ഇതിന് വ്യത്യാസമുണ്ട് ഇതം പ്രേതം എന്ന് പറയുന്നതും പീതശങ്കം എന്ന് പറയുന്ന തമ്മിൽ വ്യത്യാസം പീതശങ്ക എന്ന് പറയുന്നത് രണ്ട് പ്രത്യക്ഷ ഞാനാണ് എന്ന് പറയുന്നതും പ്രത്യക്ഷമാണ് ശങ്ക എന്ന് പറയുന്നതും പ്രത്യക്ഷമാണെന്നാണ് സാറിന് നമ്മള് ചിസുകിയിലൊക്കെ എത്തുന്നതിന് മുമ്പ് തന്നെ ഇതെല്ലാം കേട്ടിരിക്കും ചർച്ച ചെയ്തിരിക്കും എന്നിട്ട് ശരിയായൊരു ധാരണയിലാണ് ഇവിടെ എത്തുന്നത് എന്നിട്ട് ഇവിടെ വന്നിട്ട് ചർച്ച ചെയ്തു നിങ്ങൾ എന്നും തുടക്കക്കാരായതുകൊണ്ട് ആണ് ഞാനിത് വിശദീകരിക്കുന്നത് വിശദീകരിച്ചിട്ടും വലിയ കാര്യവൊന്നും ഇല്ല എന്നും ഫ്രഷായിട്ട് തന്നെ ഇരിക്കും നമ്മുടെ ബുദ്ധിഭരിക്കാനും കേടാകത്തില്ല എന്നാലും ഞാൻ വിശദീകരിക്കും തൽക്കാലം ഇങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടി പീതശങ്കന്ന് പറയുന്നിടത്തും നമുക്ക് അവിടെ ഉണ്ട് എന്താണോ പീതം വേറെയാണ് ശങ്ക വേറെയാണെന്ന് ഞാനും ഉണ്ടാ അപ്പൊ അഭേദം അഭേദ വ്യവഹാരം അഭേദ വ്യവഹാരം ഉണ്ട് റിയുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അഭേദ വ്യവഹാരം ഉണ്ട് ഇനി സമാനാധികം ഉണ്ടാ പീത ഏത് ഭക്തിയാണ് പീതശങ്കത്തിൽ എന്താ സംഭവിക്കുന്നത് നോക്കാം ഇവിടെ അവരും അദ്വൈദികളുടെ പ്രക്രിയ ശരിക്കും അദ്വൈദികളുടെ പ്രക്രിയ അല്ല സംഖ്യന്മാരുടെ പ്രക്രിയയാണ് സംഖ്യന്മാരെന്താ പറയുന്നത് ഒരു വിഷയവുമായിട്ട് ഇന്ദ്രിയാർത്ഥ സന്നി കർഷം ഉണ്ടാകുമ്പോ അന്ധക്കരണം വൃത്തി രൂപത്തിൽ വിഷയദേശത്ത് വ്യാപിക്കുന്നു എന്നാണ് താർക്കിന്മാരെന്താ പറയുന്നത് ഇതിന്റെ സ്ഥാനത്ത് താർക്കിന്മാരെന്താ പറയുന്നത് നിങ്ങൾ പഠിച്ചതാണ് ഇന്ദ്രിയവും വിഷയവുമായിട്ട് സന്നികർഷം ഉണ്ടാകുമ്പോ മനസ് പുറത്ത് വരത്തില്ലേ മനസ്സ് പുറത്ത് വരത്തില്ലേ ഏ വരത്തില്ലേ മനസ്സ് വരുവല്ലേ ഏ മനസ് ആരോഗ്യ മനസ്സണോ ശരീരം മനസ്സ് പരിണമിക്കുന്ന സാധനമല്ല പരിണമിച്ചാലേ പുറത്തു വരാൻ പറ്റും അകത്തിരിക്കുന്ന മനസ്സ് പുറത്തു ചാടിയാൽ തീർന്നു ബോധം നഷ്ടപ്പെടുന്നു പോകാൻ പറ്റില്ല അത് നാടികളിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ആത്മാവുമായിട്ട് സംയോഗമുണ്ടെന്നേ ഉള്ളൂ ഇന്ദ്രിയങ്ങളുമായിട്ടും സംയോഗം വരും ആത്മാ മനസ്സ സംയുജ്യതേ മന ഇന്ദ്രിയേണ യും വിഷയേണ അതാണ് അവരുടെ പ്രക്രിയ സംഖ്യന്മാരങ്ങനെയാണ് പറയുന്നത് ഇത് പുറത്തുവരുന്നു വിഷയദേശത്ത് വ്യാപിക്കുന്നു ചക്ഷിന്തിവാര ഇത് തന്നെ അദ്വൈതികളും മീമാംസകരും എല്ലാം സ്വീകരിക്കുന്നു അതും മനസ്സിലാക്കി അപ്പൊ പീതശങ്ക എന്നുള്ള അനുഭവം ഉണ്ടാകുന്നിടത്ത് ശങ്കിലേക്ക് നോക്കുമ്പം അവന്റെ ഉള്ളിലിരിക്കുന്ന അന്ധകർണവന്തിയും ചക്ഷൂടി ശങ്കില് വരും പക്ഷെ അന്തക്കണ്ണം വരുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ എന്തുവരും പിത്തദ്രവ്യവും വരും പിത്തം പിത്തം വ്യാപിച്ചിരിക്കുകയല്ലേ തലക്കി പിടിച്ചിരിക്കുകയല്ലേ അതുകൊണ്ടല്ലേ മഞ്ഞ കാണുന്നു അപ്പോ ശംഖും ചക്ഷേന്ദ്രയുണ്ട് സന്നി വരുന്നു പിത്തദ്രവ്യം എന്ത് ഇങ്ങോട്ട് ഒഴുകി വന്ന് ഇതിലൊക്കെ വ്യാപിക്കുന്നു പക്ഷെ ഇവിടെ എല്ലാം തകരാറിലാണ് ഇന്ദ്രിയവും എല്ലാം തകരാറിലാണ് അതുകൊണ്ട് അവിടെ എന്ത് സംഭവിക്കും ചക്ഷിന്ദ്രിയംത്തിലൂടെ പിത്തദ്രവ്യത്തെ ഗ്രഹിക്കാൻ പറ്റില്ല സൂക്ഷ്മമാണത് പക്ഷെ പീതവർണത്തെ ഗ്രഹിക്കും പീതവർണ്ണത്തെ ഗ്രഹിക്കാൻ പറ്റും അതുപോലെ ശങ്കില ശേതവർണത്തെ ഗ്രഹിക്കാൻ പറ്റില്ല പക്ഷെ ശങ്കിനെ ഗ്രഹിക്കും ആ ദ്രവ്യത്തെ ഗ്രഹിക്കും ഇതൊക്കെ ദോഷം കൊണ്ട് ഇപ്പൊ ശങ്കിലെന്തിനഗ്രഹിക്കും ശങ്കിനെ ഗ്രഹിക്കും കാരണം ശങ്കിനെ ഗ്രഹിക്കുന്ന ശങ്കിങ്ങിനെ ഒരു പ്രത്യേക ആകൃതി ഇരിക്കുവായിരുന്നു അന്തക്കരണം ആ രീതിയിൽ വ്യാപിച്ചു കഴിഞ്ഞാൽ ആ ആകൃതിയിൽ വേറൊന്നും അതുകൊണ്ട് ശംഖെന്ന് ഗ്രഹിക്കും പക്ഷെ പീതവർണ്ണത്തെ ഗ്രഹിക്കത്തില്ല അല്ല ശീതവർണത്തെ എന്നാൽ ഇതിൽ നിറയെ പിത്തം വന്നു ആകെ മഞ്ഞ നടത്തിയിരിക്കണം ഏതാധകരണം ഉണ്ടെന്തോ അതിലെ വർണ്ണത്തെ ഗ്രഹിക്കും എന്ന അന്ധകരണത്തെ ഗ്രഹിക്കില്ല അവിടെ അഭേദ വ്യവഹാരവും സാമാനാധികരണ്യ വിപദേശം ഉണ്ടാകുന്നു പീതഹ ശങ്കേദമായ പീതഹ എന്ന് പറയുന്ന പിത്തദ്രവ്യത്തിന്റെ പീതം ശങ്ക എന്ന് പറയുന്നത് സമുഖമായ ദ്രവ്യം പീതശങ്ക പക്ഷെ ശേതഹ ശങ്കോധം ഉണ്ടാകുന്നില്ല പീതം പിത്തം അങ്ങനെയൊരു ബോധവും ഉണ്ടാകുന്നില്ല ഈ രണ്ട് സാധനങ്ങളും വിടെ പീതവർണത്തിന്റെ സമവായം എന്തിനോടാണ് പിത്തദ്രവ്യത്തിനോടാണ് ശങ്കിനോട് സമവായത്തിരിക്കുന്ന എന്താണ് ശ്വേതവർണ്ണമാണ് ഇതിനെ രണ്ടിനെയും ഗ്രഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എന്നാൽ ഇത് രണ്ടും പ്രത്യക്ഷവുമാണ് പീതവർണത്തെ സ്മരിച്ചതല്ല മുമ്പിലിരിക്കുന്ന പിത്തദ്രവ്യത്തിൽ പീതവർണ്ണമുണ്ട് ഏഹ് ശങ്കിൽ മുമ്പിലിരിക്കുന്ന പിത്തദ്രവ്യത്തിൽ പീതവർണമുണ്ട് കാരണം അതിന് പുറത്തു വന്നിരിക്കുകയാണ് മനസിലായോ മുമ്പിലിരിക്കുന്ന ശങ്കിലെന്തുണ്ട് ശ്വേതവർണമുണ്ട് രണ്ട് സമവായമാണ് രണ്ട് ദ്രവ്യങ്ങളായതുകൊണ്ട് രണ്ടും തമ്മില് സമവായമാണ് സമവായം എന്ന് പറയുന്ന ഇവിടുത്തെ സംസർഗം അല്ലേ ശങ്കിന് ശീതവർണ്ണത്തോടുള്ള സംസർഗമാണ് സമവായം പീതവർണ്ണത്തിന് പിത്തദ്രവ്യത്തോടുള്ള സംസർഗമാണ് സമവായം പക്ഷെ ദോഷമുള്ളത് കൊണ്ട് ഈ സംസർഗത്തെ ഗ്രഹിക്കുന്നുണ്ടോ സംസർഗത്തെ ഗ്രഹിക്കില്ല അതായത് പീത വർണ്ണത്തിന് പിത്തദ്രവ്യത്തോടുള്ള സംസർഗത്തെയും ഗ്രഹിക്കില്ല ഉണ്ടോ ഏ ദോഷമുള്ളതുകൊണ്ട് ഗ്രഹിക്കില്ല എന്ന് വെച്ചാൽ ഗ്രഹിച്ചാൽ അങ്ങനെ വരും പീതവർണം പിത്തത്തിൻറെതാണോ പീതം പിത്തം എന്ന് ബോധം ഉണ്ടാവും അങ്ങനെ ഉണ്ടാവുന്നില്ല ശേതശങ്ക ബോധം ഉണ്ടാവും അതും ഉണ്ടാവുന്നില്ല അപ്പൊ ഇവിടെ അതാത് ഗുണങ്ങൾക്ക് അതാത് ദ്രവ്യങ്ങളോട് സംസർഗം ഉണ്ടെങ്കിലും ഗ്രഹിക്കുന്നില്ല ഇവിടെ ഇനി അതത്ര ഇരിക്കട്ടെ ഇതം രജതം എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ കഴിഞ്ഞ ദിവസം പറഞ്ഞെന്താണ് ഇതം എന്ന് പറയുന്നത് പ്രത്യക്ഷവും രജതം എന്ന് പറയുന്നത് സ്മൃതിയുമാണ് പണ്ടെവിടെയോ കണ്ട രജതവും മുമ്പിലിരിക്കുന്ന ഇതവുമായിട്ട് സംസർഗമുണ്ടോ മുമ്പിലിരിക്കുന്ന വസ്തു പ്രത്യക്ഷമായി മുമ്പേ ഇരിക്കയാണ് പണ്ടെവിടെയോ കണ്ട രജതത്തിന് ഇതുമായിട്ട് സംസർഗം ഉണ്ടോ ഇവിടെ സംസർഗമേയില്ലേ എന്നുവെച്ചാൽ ഇവിടെ അസംസർഗമാണോ ഇവിടെ ോ ഇരുന്ന ആ രജതവും മുമ്പിലിരിക്കുന്ന സാധനവുമായിട്ട് അസംസർഗമാണ് പക്ഷെ ഇയാൾക്ക് അസംസർഗത്തെ ഗ്രഹിക്കാൻ പറ്റുന്നുണ്ടോ അസംസർഗത്തെ ഗ്രഹിക്കുന്നില്ലെങ്കിൽ ഞാനെ പറയും അസംസർഗ അഗ്രഹം അസംസർഗ അസംസർഗ അഗ്രഹം കൊണ്ടിവിടെ എന്ത് വരുന്നു വ്യവഹാരം ഉണ്ടാകുന്നു ഇതം രജതം എന്ന് പറയുന്ന സ്ഥലത്ത് അസംസർഗത്തെ ഗ്രഹിക്കാത്തതുകൊണ്ട് അഭേദ വ്യവഹാരം ഉണ്ടാകുന്നു അഭേദ വ്യവഹാരം ഉള്ളതുകൊണ്ട് സാമാനാധീരനെ വിപദേശിച്ചുണ്ടാകുന്നു അപ്പോ ബ്രഹ്മ അംഗീകരിക്കുന്നവരെന്താ പറയുന്നത് രജതത്തെ അവിടെ ശുക്തിയെ രജതമായി കാണുന്നു അതുകൊണ്ടത് ഭ്രാന്തിയാണെന്നാണ് പ്രഭാവരം പറയുന്നത് ശുക്തിയെ രജതമായി കാണുന്നത് കൊണ്ടത് ഭ്രാന്തി അല്ല ഇവിടെ അസംസർഗത്തെ ശുക്തിയെ രചതമായി കാണുന്നു അതിനെന്താ തെളിവ് പിന്നീട് പറയുന്നു നേതം രജതം നേതരജതം എന്ന് പറയുമ്പോൾ എന്താ പറയുന്നത് ആയി മുമ്പിൽ കാണുന്ന രചതമല്ലെന്നാണ് എന്നുവെച്ചാൽ വിവേകമായി ഗ്രഹിക്കുന്നു ഭേദമായിട്ട് ഗ്രഹിക്കുന്നു അപ്പൊ അവിടെ ഭേദജ്ഞാനമുണ്ട് അസംസർഗാഗ്രഹത്തിന്റെ സ്ഥാനത്ത് എന്തു വന്നു ഭേദ ജ്ഞാനം വന്നു അപ്പോൾ പറയുന്നു േദം രജതം അപ്പൊ പിന്നീട് വരുന്ന വിവേകജ്ഞാനം ആദ്യമുണ്ടായ അഭേദത്തെ നിഷേധിക്കുന്നു ഇപ്പൊ ബാധ എന്ന് പറഞ്ഞാൽ എന്താണ് വിവേകജ്ഞാനമാണ് ഈ മുമ്പ് കാണുന്നത് രജതം അല്ല അതാണ് വിവേകജ്ഞാനം മുമ്പ് കണ്ടതോ എന്തുകൊണ്ട് അങ്ങനെ ഉണ്ടായി സംസർഗാഗ്രഹം കൊണ്ടുണ്ടായി അതെന്തുകൊണ്ട് അങ്ങനെ അസംസർഗ ആഗ്രഹം കൊണ്ടുണ്ടായി എന്ന് നിങ്ങൾ പറയാനെന്താ കാരണം പിന്നെ വിളച്ചുകെട്ടി പറയുന്നുണ്ടോ പറയുന്നത് അത് അങ്ങനെ വിളച്ചുകെട്ടി പറയുന്നതല്ല സത്യസ്ഥലത്ത് നോക്കുക ഇതം രജതം എന്ന് പറയുന്ന സ്ഥലത്ത് ഭ്രാന്തിയല്ല ഇതരജതം അവിടെ ഇതവും രജതവും ഒന്നാണല്ലോ അവിടെ ഇതവും രജതവും തമ്മിൽ അസംസർഗം ഉണ്ടോ അസംസർഗഗ്രഹം ഉണ്ടോ അസംസർഗാഗ്രഹം അവിടെ ഉണ്ട് രണ്ടടുത്ത ഒരുപോലായ സത്യസ്ഥലത്തും എന്താണ് അസംസർഗാഗ്രഹം ബ്രഹ്മസ്ഥലത്തും എന്താണ് അസംസർഗാഗ്രഹം അപ്പൊ സത്യസ്ഥലത്ത് അസംസർഗാഗ്രഹം കൊണ്ട് ഇതം രജതവും ഞാനും ഉണ്ടാകാമെങ്കിൽ ആ ആഗ്രഹം എവിടെ വരുന്നോ അവിടെയല്ല ഇതൊരാതോന്ന് ഞാനും ഉണ്ടാകും അതുകൊണ്ട് ഇങ്ങനെ ഭ്രാന്തിയാവും അങ്ങനെ ഭ്രാന്തി എന്ന് പറഞ്ഞാൽ സത്യസ്ഥലത്ത് നിങ്ങൾക്ക് എന്ത് പറയേണ്ടി വരും ഭ്രാന്തിയാണെന്ന് മനസിലായോ എന്തോ ഒരു പുക പോലെ അതാണ് പ്രവാകരന്റെ ബുദ്ധി ഗുരുവിന്റെ ബുദ്ധി അതാണ് ശ്രദ്ധിച്ചാലേ മനസ്സിലാവാത്തുള്ളൂ അപ്പൊ ഇവിടെ സത്യസ്ഥലത്തായത് ശരി ഭ്രാന്തി സ്ഥലത്തായത് ശരി അസംസർഗ അഗ്രഹം തുല്യമാണ് സത്യസ്ഥലത്ത് നിങ്ങൾ അംഗീകരിക്കുകയല്ലോ രചതവും ഹിതവും തമ്മിൽ ഇതാണ് ചോദ്യം അവിടെ അസംസർഗം സത്യസ്ഥലത്ത് അസംസർഗമുണ്ടോ അപ്പൊ അസംസർഗഗ്രഹമുണ്ടോ അസംസർഗാഗ്രഹമാണ് അപ്പൊ ഇതരചതൊന്ന് ഞാനുണ്ടാകുന്നതിന് അസംസർഗാഗ്രഹം അവിടെ കാരണമാണല്ലോ ആണോ ഇതം രചന സത്യസ്ഥലത്ത് അവിടെ ഇതുണ്ടോന്നുള്ളതാണ് ഈ കാരണം അസംസർഗ്രഹം അതായത് ഈതവും രഹിതവും തമ്മിലവിടെ താതാത്മ്യത്തിയിരിക്കും ഇതം തന്നെ രഹിതം ഇപ്പോ അസംസർഗം എന്ന് പറയാൻ പറ്റില്ല പറ്റുമോ അസംസർഗം അവിടെ ഇല്ലെങ്കിൽ എങ്ങനെ അസംസ അസംസർഗത്തെ ഗ്രഹിക്കും ഗ്രഹിക്കോ അസംസർഗ ആഗ്രഹം ഉണ്ടവിടെ അപ്പൊ യഥാർത്ഥ സ്ഥലത്ത് എങ്ങനെയാണോ അസംസർഗ ആഗ്രഹമുള്ളത് ഇവിടെ സംഭവിക്കുന്നത് ഭ്രാന്തി സ്ഥലത്ത് നോക്കുക രണ്ടും നമ്മിന് സംസർഗം ഉണ്ടാകും ആ സംസർഗത്തെ ഗ്രഹിക്കുന്നുണ്ടോ എന്നുവെച്ചാൽ അസംസർഗത്തെ ഗ്രഹിക്കണമെങ്കിൽ എന്തുവേണം ഇത് വേറെ രജതം മേലേ എന്ന് ഗ്രഹിക്കണം അപ്പൊ അവിടെ എന്തുണ്ട് അസംസർഗ ആഗ്രഹമുണ്ട് രണ്ടും നമ്മിന്റെ ഇടയ്ക്ക് ഒരു ചെറിയ കുട്ടൻസ് ഉണ്ട് അവിടെയാണ് ഗുരുവിന്റെ ഇരുട്ടടി രണ്ടും പറയുന്നിടത്ത് ചെറിയ വ്യത്യാസമുണ്ട് രണ്ടും നമുക്ക് കേട്ട അസംസർഗാഗ്രഹം രണ്ടും ഒരുപോലെ തോന്നും പക്ഷെ ഒരുപോലെ അല്ല പറയുന്നു ഏ രണ്ടും തമ്മില് അസംസർഗാഗ്രഹം എന്നാണ് പറയുന്നതെങ്കിലും ചെറിയൊരു തിരിമറിയതിനകത്തുള്ളത് അതുകൊണ്ടാണ് രണ്ടിടത്ത് ഇത് ഒത്തു വരുന്നത് ഭാഷയുടെ ഒരു പ്രയോഗമാണ് പക്ഷെ നിഷേധിക്കാൻ നോക്കത്തില്ല രണ്ടിടത്തും ആഗ്രഹം നമുക്ക് അംഗീകരിക്കേണ്ടി വരും എന്താ രണ്ടും വ്യത്യാസം യഥാർത്ഥ സ്ഥലത്ത് സംസർഗമുണ്ട് പക്ഷെ എന്നാലും അസംസർഗ ആഗ്രഹം ഇവിടെയുണ്ട് ബ്രഹ്മസ്ഥലത്ത് സംസർഗം ഇല്ല എന്നാലും അസംസർഗ ആഗ്രഹം ഉണ്ട് അതെന്താ സ്മൃതിയുമായിട്ട് ബന്ധമെന്താ അസംസർഗ ആഗ്രഹം എന്നുള്ളത് മനസ്സിലാക്കുന്നത് യഥാർത്ഥ സ്ഥലത്ത് അസംസർഗം ഇല്ലാത്തത് കൊണ്ട് എന്ത് വരുന്നു അസംസർഗത്തെ ഗ്രഹിക്കുന്നില്ല അസംസർഗ ആഗ്രഹം ബ്രഹ്മസ്ഥലത്തോണ്ട് അസംസർഗം ഉണ്ട് അസംസർഗം ഉണ്ട് പക്ഷേ പക്ഷേ ഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് അവിടെയും വന്ന് അസംസർഗാഗ്രഹം അപ്പോ സംസർഗത്തിലാണ് ഈ വ്യത്യാസം വരുന്നത് സംസർഗം ഉണ്ട് പക്ഷെ ആ സംസർഗത്തെ ണോ ഗ്രഹിക്കുന്ന ആരും ഇവിടെ പറയുന്നില്ലല്ലോ ഒരിടത്ത് സംസർഗം ഉണ്ട് പക്ഷെ അതുകൊണ്ട് ബാക്കി ഏ സംസർഗം ഉള്ളത് കൊണ്ട് അവിടെ അസംസർഗത്തെ ഗ്രഹിക്കാൻ പറ്റുന്നില്ല അതാണ് അവിടെ വരുന്ന അസംസർഗ്രഹ അഗ്രഹം ഇവിടെയാണെങ്കിലോ സംസർഗമേ ഇല്ല പിന്നെന്താ ഉള്ളത് അസംസർഗമാണോ അതുകൊണ്ട് അസംസർഗത്തെ ഗ്രഹിക്കാൻ പറ്റുന്നില്ല പറ്റുന്നുണ്ടോ അസംസർഗത്തെ ബ്രഹ്മസ്ഥർ ഗ്രഹിക്കാൻ പറ്റുന്നുണ്ടോ അതല്ലേ പറയുന്നത് അഭേദ വ്യവഹാരം അസംസർഗത്തെ ഗ്രഹിക്കുന്നില്ല രണ്ട് സ്ഥലത്തും കൊണ്ട് അഭേദ വ്യവഹാരം ഇതം വരെയതോ എന്ന് പറയുന്ന യഥാർത്ഥ സ്ഥലത്തുകൊണ്ട് ഭ്രാന്തി പക്ഷേ എന്താണ് അസംസർഗാഗ്രഹവും രണ്ട് സ്ഥലത്തും വന്നു അപ്പോൾ ആ സാദൃശ്യം യഥാർത്ഥ സ്ഥലത്ത് എങ്ങനെയാണോ അസംസർഗാഗ്രഹം വന്നത് അതുപോലെ ബ്രഹ്മസ്ഥലത്തും വന്നത് കൊണ്ട് അഭേദ വ്യവഹാരം അതാണ് പ്രഭാകരന്റെ വ്യക്തി ഇവിടെ ഭ്രമം ഇല്ലെങ്കിൽ എന്തുകൊണ്ട് അഭേദ വ്യവഹാരം വന്നാണ് ബ്രഹ്മമുള്ളവർ പറയുന്നത് എന്താണ് അഭേദ വ്യവഹാരം ഉള്ളതുകൊണ്ട് ഭ്രമത്തെ അംഗീകരിക്കണം ഗുരു പറയുന്നത് അഭേദ വ്യവഹാരത്തിന് ഉള്ളതുകൊണ്ട് ഭ്രമത്തെ അംഗീകരിക്കാൻ പറ്റില്ല കാരണം സത്യസ്ഥലത്തും അഭേദ കാരണം അസംസർഗാഗ്രഹമാണ് അതിവിടെയുമുണ്ട് അതുകൊണ്ട് അഭേദ വ്യവഹാരം വന്നു അതുകൊണ്ട് വരും മനസ്സിലായോ സത്യസ്ഥലത്തും അഭേദോപകാരമുണ്ട് അവിടെ എന്താ കാരണം അസംസർഗാഗ്രഹം ബ്രഹ്മസ്ഥലമൊന്നും നിങ്ങൾ പറയുന്നിടത്തും ബ്രഹ്മം എന്ന് ഗുരു പറയത്തില്ല നിങ്ങൾ പറയുന്നിടത്തും എന്താണ് അഭേദവഹാരമുണ്ട് ഇവിടെയും നോക്കുക അസംസർഗാഗ്രഹം ഉണ്ടോ ഉണ്ട് അപ്പം പിന്നെ രണ്ടിടത്തും കാരണമൊന്നാണെങ്കിൽ ഒന്നിനെ യഥാർത്ഥമൊന്നും മറ്റൊന്നിനെ ബ്രഹ്മം എന്നും പറയാൻ പറ്റും അതുകൊണ്ട് രണ്ടിടത്തും എന്താണ് യഥാർത്ഥം തന്നെ അതിന് വേണമെങ്കിൽ ഒരു തെളിവൂടി തരാം ഹാജരാക്കാം എന്താണ് നേദം രജതം എന്ന് പറയുന്നിടത്ത് നിങ്ങൾ എന്താ പറയുന്നത് ഇതം ന രജതം അവിടെ നിങ്ങൾ രണ്ടും തമ്മിലുള്ള ഭേദത്തെയാണ് പറയുന്നത് നിങ്ങളവിടെ ഭേദത്തെ ഗ്രഹിക്കുന്നു രണ്ടും തമ്മിൽ അപ്പൊ രജതം ഇത് രജതം അല്ലെന്നാണ് പറയുന്നത് അപ്പൊ ഇത് വേറെ രജതം വേറെ അതിന് വ്യക്തമാകുന്നില്ലേ രജത്വം നിങ്ങളിവിടെ നിഷേധിക്കുകയില്ലേ അപ്പൊ വിവേകജ്ഞാനം കൊണ്ട് തന്നെ ഇത് വേറെയാണ് അത്രേ പറയുന്നുള്ളൂ നേരത്തെ രഹതം എന്ന് പറഞ്ഞു അപ്പം നിങ്ങൾ പറയുന്ന ബാധ എന്ന് പറയുന്നത് അസത്യത്തെ അല്ല ബോധിപ്പിക്കുന്നത് മറിച്ച് എന്താണ് എന്താണ് നിങ്ങൾ ബാധ എന്ന് പറഞ്ഞ നിങ്ങൾ എന്താ പറയുന്നത് അതിൻ്റെ അസത്യത്തോ ബോധിപ്പിക്കുകയാണ് ഇത് ബാധ എന്ന് പറയുന്നത് അസത്യം അല്ല പിന്നെയോ വിവേകജ്ഞാനം എന്ന് പറയുന്നത് അസത്യമാണോ ആണോ ഇത് വേറെ ഈ സാധനം വേറെ ഈ സാധനം വേറെ എന്ന് പറഞ്ഞാൽ അസത്യമാവും അപ്പോ വിവേകജ്ഞാനം ആണത് ബാധ എന്ന് പറയുന്നത് എന്നുവെച്ചാൽ രണ്ടിനെയും വേറെ വേറെ ബോധിപ്പിക്കുകയാണ് അപ്പോൾ ബാധ കൊണ്ട് നമ്മളുണ്ടായിരുന്ന അനുഭവം ഭ്രമം എന്ന് പറയാൻ പറ്റില്ല ബാധ എന്ന് പറയുന്നത് എന്താണ് ശരിക്കും ഇവിടെ രണ്ടിനെ വേർതിരിച്ച് കാണിക്കുന്ന വിവേകജ്ഞാനമാണ് ഇപ്പം നമുക്ക് മനസ്സിലായി ഈ സാധനം രചിതമല്ല ഇത്രയും മനസ്സിലായത് വിവേകജ്ഞാനം ഉണ്ടായി ഇവിടെ ഇതിലെവിടെയാണ് ഭ്രമം വന്നത് എപ്പോഴാണോ അഭേദ വ്യവഹാരമുള്ളത് അവിടെയും ഭ്രമമില്ല എപ്പോഴാണോ വിവേകജ്ഞാനം വന്ന അവിടെയും ഭ്രമമില്ല ഇനി എവിടെയാ ഭ്രമുള്ളത് അത് നിങ്ങളിനി ബലാൽ ഭ്രമത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ സർവപ്രത്യേഷു അവിശ്വാസ പ്രസ അനാശ്വാസപ്രസംഗ നിങ്ങൾക്ക് ഉണ്ടാകുന്ന അറിവിനെ സംബന്ധിച്ച് നിങ്ങൾ ഇതിനെ ആകെ കൊഴിഞ്ഞു ഇതേത് സത്യം ഇതേത് അസത്യം ആകെ പ്രശ്നവും ഭ്രമമില്ല അഭേദ വ്യവഹാരമുണ്ട് ാണ് പറയുന്നത് എന്താണ് ലക്ഷണം പറഞ്ഞത് നോക്കുക ശുപ്തിരജത സംസർഗം അവിടെ അഭേദ വ്യവഹാരം ഉണ്ടോ വ്യവഹാര വിഷയത്തും വന്നു എന്നാൽ ശുക്തിയും രചതും നമ്മളെ സംസർഗത്തെ അറിയുന്നുണ്ട രണ്ടും വന്ന് ശരിയായി അവിടെ പോയി ശുക്തി രചത സംസർഗത്തിൽ എന്തുവന്നു വ്യവഹാര വിഷയത്വേ സതിഷയത്വം ആ വ്യവഹാര വിഷയത്വം എന്ന് പറയുന്ന ഇവിടെ അഭേദ വ്യവഹാര വിഷയത്വം വന്നു വ്യവഹാരമുണ്ട് അറിയുന്നു അല്ലേ പക്ഷെ ജ്ഞാന വിഷയത്തും ഉണ്ടോ ഇല്ല ജ്ഞാന വിഷയത്തും ഉണ്ടെങ്കിൽ എന്ത് വേണം രണ്ടും തമ്മിലുള്ള സംസർഗത്തെ ജ്ഞാനത്തിന് വിഷയമാക്കണം സംസർഗത്തിന്റെ കാര്യമാണ് പറയുന്നത് പക്ഷെ നിങ്ങൾക്കുണ്ടാവുന്ന വ്യവഹാരം എന്താണ് അഭേദ വ്യവഹാരമാണ് രണ്ടും രണ്ടാണ് വ്യവഹാരം എന്താണ് അഭേദ വ്യവഹാരം ജ്ഞാനത്തിന് വിഷയമാകാത്ത എന്താണ് രണ്ടും തമ്മിലുള്ള സംസർഗം ഇത് ചിന്തിച്ച് മനസ്സിലാക്കുക അത് കഴിയുമ്പം ശംഖും മഞ്ഞപ്പിത്തവും വരും